ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ അബദ്ധത്തിലല്ലാതെ കൊലപ്പെടുത്തുക എന്നത് സാധ്യമായ കാര്യമല്ല എന്നാൽ ആരെങ്കിലും ഒരു വിശ്വാസിയെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയാൽ ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും അവൻറെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുകയും വേണം അവർ അത് ദാനമായി നൽകിയാൽ ഒഴികെ അവൻ നിങ്ങൾക്ക് ശത്രുവായൊരു ജനതയിൽപ്പെട്ടവനും എന്നാൽ വിശ്വാസിയുമായിരുന്നെങ്കിൽ ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കണം നിങ്ങളുടെയും അവരുടെയും ഇടയിൽ കരാറുള്ള ഒരു ജനതയിൽ നിന്നുള്ളവനാണെങ്കിൽ അവന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുകയും ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും വേണം ഇതിലൊന്നും സാധിക്കാത്തവൻ തുടർച്ചയായി രണ്ടു മാസം നോമ്പെടുക്കണം അള്ളാഹു സുബഹാനുഹുവത്തെ ആല എന്നുള്ള പാപമോചനമായിട്ട് അള്ളാഹു സുബഹാനഹുവത്തെ ആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു